വൃന്ദാവനത്തിൽ യമുനയിൽ ഒരു ഹൃദത്തിൽ കാളിയൻ എന്ന ഭയങ്കര സർപ്പം താമസിക്കുന്നു കാളിനി ജലം വിഷദൂഷിതമായി നദീതടത്തിലിരിക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണങ്ങി ഇലകളൊക്കെ ഉണങ്ങിപ്പോയി വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോയി ഒരു ദിവസം വെള്ളം കുടിക്കാനായിട്ട് ചെന്ന പശുക്കളൊക്കെ വിഷജലം കുടിച്ച് വീണു ഗോപാലന്മാർ വിഷജലം കുടിച്ച് വീണു ഇത് അറിഞ്ഞ് ഭഗവാൻ അവിടെ ചെന്ന് തന്റെ ദൃഷ്ടി കൊണ്ട് തന്നെ അവരെയൊക്കെ ഉണർത്തി ഈ കാളിന്ദി ഹൃദത്തിൽ നിന്നും കാളിയനെ ഉദ്വാസനം ചെയ്യാൻ നിശ്ചയിച്ച് ഭഗവാൻ അടുത്തുള്ളൊരു വൃക്ഷത്തിൽ കയറി വെള്ളത്തിലേക്ക് എടുത്തു ചാടി അഥവാണി ഘോരം പ്രതിവാരും കൃതദീർ ഭഗവൻ ദ്രുതമാരിതീരീപത വിഷമാരുത ശോഷം വെള്ളത്തിലേക്ക് എടുത്തുചാടി ഭുവനത്രയഭാരഭൃതോ ഗുരുഭാര വികമ്പി വിജൃംബി ജലം പരിമ്ജയത്തി സ്മധനുഃതകം തടിന സ്ഫുടഘോഷവതി വെള്ളം ഒരു നൂറ് വില്ലുപാട് ദൂരത്തേക്ക് തെറിച്ചു തൻ്റെ ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നു ശബ്ദം ഇതുവരെ കാളിയും കേട്ടിട്ടില്ല തൻ്റെ ആ ഏരിയ അതിനകത്തേക്ക് ആരും വരാറില്ല കൃഷ്ണൻ വന്നതും അതീവ കോപിഷ്ടനായി അനേക ശൃംഗങ്ങളുള്ള ഒരു കറുത്ത മല അഞ്ജനപർവ്വതം വണ്ണം പൊന്തി വന്നു ആ സർപ്പം പൊന്തി കണ്ണനെ കെട്ടി വരിഞ്ഞു കറക്കി നിൽക്കുന്ന ഗോപന്മാരൊക്കെ കാണുന്നുണ്ട് അഹോ കൃഷ്ണനെ പാമ്പ് പിടിച്ചു നമ്മളൊക്കെ ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം അവരൊക്കെ ജീവത്യാഗം ചെയ്യാൻ തയ്യാറാവാണ് ഭഗവാനെ കെട്ടി വരിഞ്ഞു കാളിയൻ കുറച്ചു നേരം ഭഗവാൻ കാളിയന്റെ കൂടെ കളിച്ച് ആ പിടി വിടുവിച്ച് പുറത്തു പതുക്കെ കാളിയന്റെ ശിരസിലേക്ക് കയറി ശിരസിൽ കാലു വയ്ക്കുമ്പോൾ നല്ല സുഖമുണ്ട് ആ കാളിയുടെ ഭണത്തിൽ ഓരോന്നിലായി കൃഷ്ണൻ നർത്തനം ചെയ്യാൻ തുടങ്ങി ഏതേത് തല താഴുന്നു അത് വിട്ട് മറ്റേ തലയിൽ കാലുവയ്ക്കാം ഭഗവാൻ ഭക്തന്മാർക്കും അങ്ങനെയാണ് ചെയ്യുക അഹങ്കാരം എവിടെ പൊന്തുന്നു അവിടെ തലയിൽ കാലുവയ്ക്കും നമ്മളുടെ ഉള്ളിൽ അഹങ്കാരമാവുന്ന സർപ്പമുണ്ടല്ലോ അത് ഓരോ വേഷത്തിൽ പൊന്തും ഏത് വേഷത്തിൽ പൊന്തുന്നു പൊന്തുന്നിടത്ത് ഭഗവാൻ കാലുവെച്ചു അത് താഴാൽ വേറെയടുത്ത് പൊന്തും അവിടെ ഭഗവാൻ കാലുവയ്ക്കും ഇങ്ങനെ കാളിയുടെ ശിരസിൽ ഭഗവാൻ നർത്തനം ചെയ്യാൻ തുടങ്ങി രുചിരകം പിതകുണ്ടലമണ്ഡല സുചിരമീശനർത്തിത പന്നകേ അമരതാടിത ദുന്ദുപിസുന്ദരം വ്യതികായതി ദൈവത യൗവത്തെ അഖിലകല ആദിഗുരു നനർത്ത അഖിലകലകൾക്കും ആദിഗുരുവായ ഭഗവാൻ നർത്തനം ചെയ്തു ശിവൻ നടുരാജനായിട്ട് നർത്തനം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് കൃഷ്ണൻ നർത്തനം ചെയ്യും കൃഷ്ണൻ നർത്തനം ചെയ്യാനോ നല്ല സ്റ്റേജ് ഇതുപോലെ ഇപ്പൊ വളരെ ഹാർഡ് സ്റ്റേജല്ല വളരെ മൃദുവായ കിടക്കയുടെ മേലെ പോലെയാണ് നല്ല മൃദുവായി കാല് സുഖമായിട്ടുണ്ട് വേദനിക്കില്ല കാലും എന്നാലും ആ പാമ്പിന് തലയിൽ രത്നം ഉണ്ടെന്നാണ് അപ്പൊ ഭഗവാന്റെ കാല് ആ രത്നത്തിൽ സ്പർശിച്ച് ചുവന്നു പോയി എന്നാണ് തൻ മുഖ നഖ രത്നസ്പർശ അതിതാമ്ര പാദാംബുജ തന്മൂർധരത്ന നിഗരസ്പർശ അതിതാമ്ര പാദാംബുജോ അഖിലകലാദിഗുരുഹൂ നനർത്ത ആകാശത്തിൽ ദേവതകളൊക്കെ വന്നു നിറഞ്ഞു കൃഷ്ണന്റെ നർത്തനം കാണാനായിട്ട് ഗുരുവായൂരൊപ്പം നർത്തനം ചെയ്യുന്നത് കാണാനായിട്ട് ദേവതകളൊക്കെ ആകാശത്ത് വന്ന് നിറഞ്ഞു അപ്സരസ്ത്രീകളൊക്കെ ഈ മുദ്രകളൊക്കെ കണ്ടു പഠിക്കാനായിട്ട് ശ്രമം തുടങ്ങി നർത്തനം ചെയ്യുമ്പോൾ നർത്തനം നല്ലവണ്ണം അറിയുന്ന ആളാണെങ്കിൽ നല്ല രസമുണ്ട് ഭാഗവതം അറിയുന്ന ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ ഭാഗവതം വായിക്കുന്നവർക്കും പറയുന്നവർക്ക് രസം സംഗീതം അറിയുന്നവർ സദസ്സിലുണ്ടെങ്കിൽ പാടുന്നവർക്കൊരു രസം അതുപോലെ ഡാൻസ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നർത്തനം ചെയ്യുന്നവർക്കൊരു രസം ഇപ്പൊ ഭഗവാൻ ഈ കാളിയന്റെ ശിരസ്സിൽ നർത്തനം ചെയ്യുന്നു ദേവതകളൊക്കെ പോയി ഇനിയിപ്പോ ആരെയാ വിളിച്ചോണ്ടുവരിക ഭരതമുനിയുണ്ട് അദ്ദേഹത്തിനെ വിളിച്ചോണ്ടുവരണോ അല്ല വേണ്ട നടരാജനെ തന്നെ വിളിച്ചുകൊണ്ടുവരാം നടരാജമൂർത്തിയെ തന്നെ വിളിച്ചുകൊണ്ടുവരാം കൈലാസത്തിലെത്തി ചെന്ന് ഭഗവാന് വർത്തമാനം കൊടുത്തതാ അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം കാളിയന്റെ ശിരസിൽ ശ്രീകൃഷ്ണൻ നർത്തനം ചെയ്യുന്നു വാദ്യഘോഷം വാദ്യഘോഷമൊന്നുമില്ല യശോദാമ്മ കയ്യിൽ കുറെ കങ്കണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാലിൽ കൊലസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെ വാദ്യം രുചിരകം കുണ്ടലമണ്ഡല സുചിരമീ അമരതാടിത ദുന്ദുപി സുന്ദരം വേദ ദേവന്മാരൊക്കെ ദുന്ദുപിവാദനമൊക്കെ ചെയ്യുന്നുണ്ട് ഭഗവാൻ ശിവനെ അവിടുന്ന് വിളിച്ചപ്പോ ശിവൻ ഒരു മൃദങ്കിഷ്ടമുണ്ട് നന്ദികേശ്വരൻ അദ്ദേഹത്തെയും വരാൻ പറഞ്ഞു നന്ദികേശ്വരൻ അവിടെ വന്നു രുചിരകം പിതകുണ്ടല മണ്ഡലിട്ടും വാദ്യഘോഷം നർത്തനത്തിന് എന്താ താളവാക്യം താളവാക്യം ൃതനു പുരസി നന്ദികേശ്വരൻ മൃദംഗത്തിൽ അതിനനുസരിച്ച് ഇപ്പൊ ഡാൻസിനനുസരിച്ച് വായിക്കണം അപ്പൊ മൃദംഗവാദനം തുടങ്ങി താളവാക്യം ചൊല്ലാൻ നടരാജൻ തന്നെ നൃത്തരാജ സഭാപതി ഭാഷിത താളവാക്യ വിനോദന നർത്തനം സഭാപതി താളവാക്യം മൃതംഗം വായിക്കാനോ നന്ദിവാദിത മൃതംഗം അങ്ങനെയെല്ലാം കൂടി തയ്യാറായി ഭഗവാന്റെ കാളിയ നർത്തനം നടക്കാണ് പതുക്കെ പതുക്കെ കാളിയന്റെ ഓരോ ശിരസ് ആയിട്ട് താണ് വിഷം കക്കിക്കൊണ്ടിരിക്കുന്നു കാളിയും ഓരോന്നായി നമിക്കാൻ തുടങ്ങി ശിരസ് ആ കാളിയ നർത്തനം കൂടെ ഇന്ന് മുഴുവൻ സംഗീതമാണ് പാട്ടാണ് ആരുച്യതത് പൃഥി പൃഥുശിരസ്വതിരൂഢ ആദ്യമൂർരത്ന നിഗരസ്പർശമ്രാദുജോ അഖിലകലാതിഗുരു നർത്തെ തീന്തരന്നിണതീടത്ത ഇന്തരഥാ തിനത ജിടാം തീന്തൽ കാ ഇന്തര കാരേന്ദി തകതകിട്ടി തീ താ േ ഇന്ധരൽ ക്ഷിത്തഘതാ തേ ഇന്ധരൽ യമുന തടാകുഘവവദാ തേ ഇന്ദ്രൽ യമുന തടാകുഖവദ സാധി ദിദാരസദനയായ ദഹസ മുദ്ധിത ജഗധി ഗതാ ഇന്തര ആമിതജം തഗതജം ജ്ജം താമ താമിജ്ജം സഗതജ്ഞം തകതി കാമി തത്തം താമി തദജം സഗതജം തകതികജം തീലമനോഹര ജാവിഭൂഷണ നിരത ജലംഗത ഭുജംഗനർത്തന തകതികജം താ ഹീന മനോഹര ജാ വിഭൂഷണ നിരത ജലംഗത ഭുജംഗനർത്തര നിരജതളാധിഗമൃദുള പദ നിഗട തരംഗോത്തുംഗതാടം ഗതാമി തതജ്ജം തകതജ്ജം തകതികജം താന മനോഹര ജാ വിഭൂഷണ നിരത ജലംഗത ഭുജംഗനർത്തന നിരജതളാദധിഗ മൃദുല പദ നിഗടരംഗത്തുംഗ താടങ്ക നൃത്തകൃത്തൈ സക തകതികു കൃതൃതാകിടനംഗത ദൃഗജ ഗണന്തൃഗണന്ത യമുന തടാകൃംഗതരംഗം ഹിമകരാക്ഷയുതലളിതസുധാംഗം തിരക്തക്ഷത കരുണാവംഗം ഹിമി വരഹൃദയ സരോരുഹഭൃംഗം ദിനദിലുഗനഗത ദില്ലദി വിനദദി ദൃഗനഗത ദാന തിലകസിന്ധൂര അളക വദനഗംഭീര ഉദപദ തിലകസിന്ധൂര അളകശൃംഗാര വദന ഗംഭീര മുരഗപദ സഞ്ചാര നന്ദസുമാര നവനീത ദചോര ചന്ദമുണിഘാര ജവജവോനഗീര നന്നസുകുമാര നവനീത ദചോ സ്വച്ചിഘാര ജവ ജവോനഗധീര ജയ വിജയീഭവനന്ദകുമാർ പ്രജജന പരമാനന്ദിശോര കാ കാളീയനടനന്ദഗംഭീർ കരുണാരസയുതാവശരീരഥാ തകതകീണു കൃതവ്രജകുമാരമഹിമാലം വനമാനധുരന്ധരകൃതകൃതാരജ്ജം തത്തഗജ്ജം തന്നകുറം തത്തു ജനന്തരി തദഗുജനന്തരി സഗുജനന്തരി തതിരജനു സാഗു ജനന്തരി തദഗുജനന്തരി സുജ ജനന്തരി തതിഥകിടജൻ അദ്ഭുത വിദ്യുതമുദ്ഭവം അദ്ഭുതമത്ഭുതം സാധു ജനന്തരി തദഗുജനന്തരി തരി തധിമിടൻ അദ്ഭുത നർന ഛിദ്രിത മുദ്രിത വിദ്യുതമുദ്ഭവം അദ്ഭുതമത്ഭുതം താഗു ജനന്തരി തഥു ജനന്ദരി സാഗു ജന്ധരി തധമിതൻ കഥിമധ്രിമിതരിതകു ജനന്ദരി സാധു ജനന്തരിധിമത കിടജൻ സത്യം തരി കൃതകഥാജം കൃതകഥ സിം തതിശയ സുഖം നിരുമ കൃത പദക്ക കൃതകുത്തയ അതിശയസുഖ നിരുപകൃതപദകരജം കൃതകസ്തിത്തയ കൃതകുമാരമഹിമാലങ്കൃതവനമാലാധുരന്ധരകൃതകൃത സകലോക സകലലോകസമ്മോഹനഗീ സകിടജം തകസിടം തക്ിഡ കൃതുംഗ കഥയിഥീ തധോ തധാ കുരഗാലകൃത അഭയവര പ്രതഥിന്നിട കൈ തടകിത്തൈ തധാ തദംബകിശലയ മിളിത നൂപുര പതലിത കൃത കദംബിസയൂര പതഞ്ജലിതകൃതാദാനിടതം നന്നം കിട്ടം ത്ിടരി ഇടകലകൃത അഭയവര പ്രത തിന്ന കിടാത്തുതവിടപകിശലയൂപുര പതലിതകൃത പാദ ൃക് ദാന ദില്ല കത്തൈത്വം കിടത്ത കിടം കിടത്തെടുത്തോ കിടതു തരി കെടുത്തരിക്കും രജോരഗബന്ധ അദ്തംഗശിരസിം ചലനം കൃതനം പൃതനം വദനം യുത ചന്ദ്രമദം ഹര കങ്കണ ശിഞ്ചിതനന്നനം തകഥാകിടതിലനകൂഷണ തകിടകഖായ അയി ജയ വിജയീഭവനന്ദകുമാര വ്രജന പരമാനന്ദിശോര താളീയനടനന്ദഗംഭീർ കരുണാരസയുധ ഭാവശരീര മതമധുരമധുരമ കമല ചലനയ കമലസുഹൃദയമി ചോര ചാതുരാ ശ്രീകരാ കാളിയ പത്നികളൊക്കെ വന്ന ഭഗവാനെ സ്തുതിച്ച് ഭഗവാനെ പതിയുടെ പ്രാണനെ ഭിക്ഷയായിട്ട് ചോദിച്ചു ഭഗവാനോട് കാളിയൻ വിഷം വമിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ് അവന് ദണ്ഡ ദണ്ഡം കൊടുത്തതും ന്യായം തന്നെ എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ പതിയെ തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ സ്തുതിച്ചു കാളിയനും ഭഗവാനെ സ്തുതിച്ചു വയം കലാഹ സഹോത്പത്യാ താമസ ദീർഘമന്യവഹ സ്വഭാവോ ദുസ്ത്യജോനാഥ് ലോകാനാം യത് അസ ഭഗവാനെ സ്വഭാവത്തിനെ എങ്ങനെ ത്യജിക്കാൻ ഒക്കും ഞാൻ വിഷം വമിക്കുന്നു എന്നുള്ളത് ശരി തന്നെ അങ്ങല്ലേ എനിക്ക് വിഷം തന്നത് അമൃതം തന്ന അമൃതം വഹിക്കാം വിഷം തന്നതുകൊണ്ട് വിഷം വമിക്കും പാമ്പായിട്ട് ജനിച്ചിട്ടല്ലേ ഞാൻ ഇപ്പൊ വിഷം വമിക്കുന്നുള്ളൂ ചിലർ മനുഷ്യരായിട്ട് വിഷം വമിക്കണം അതുപോലെയൊന്നുമില്ല അതുകൊണ്ട് സർപ്പം വിഷം വമിക്കണത് സർപ്പത്തിന്റെ സ്വഭാവം ശരി ഇപ്പൊ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്ത് നീ വന്ന് താമസിക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അതും ശരിയല്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്ന് ഫ്ളാറ്റ് കിട്ടിയ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എവിടെ പോകും ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്നും കയറി വന്നില്ല താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കയറി വരികയാണ് താമസിക്ക ഭഗവാൻ പറഞ്ഞു കാളികരോട് രമണക ദ്വീപിലേക്ക് ചെല്ലുക പാദസ്പർശം ഏറ്റത് തന്നെ ഇനിമേലാൽ ഗരുഡനിൽ നിന്ന് ഒരു വിധത്തിലുള്ള ഉപദ്രവം ഉണ്ടാവില്ല ൂർണ്ണ കണിപതിർഗാദുരീയനെ ഭഗവാൻ അവിടുന്ന് ഉദ്വാസനം ചെയ്തു അതിനുശേഷം ദാവാഗ്നിമോചനം പ്രളംബവധം ദാവാഗ്നിപാനം ഇതെല്ലാം കഴിഞ്ഞു ഭഗവാന്റെ വേണുഗാന വാദനമാണ് ഭഗവാൻ പ്രാവൃത്കാലൊക്കെ വർണ്ണിച്ചു മഴ പെയ്യുന്നു മഴയൊക്കെ ഊഞ്ഞു സ്വച്ഛമായ ജലം നദിയൊക്കെ സ്വച്ഛമായ ശരത്കാലം ആവിർഭവിച്ചു കുസുമിത വനരാജ ശുഷ്പിഭിംഗം ദ്വിജകുലകുഷ്ട സരി മഹീന്ദ്രം എല്ലായിടത്തും പുഷ്പങ്ങൾ നിറഞ്ഞു പക്ഷികൾ കൂജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ശരത്കാലത്ത് भगवान വേണുവാദനം ചെയ്തുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ഗോപസ്ത്രീകൾ പരസ്പരം പറഞ്ഞ് ആനന്ദിക്കാണ് നടവരവപുഃകർണയോ കർണിക്കാരം ബിഭ്രദ്വാസ കനകവിശം വൈജയന്തം ചമാലാം രന്ധ്രാൻ വേണോ അധരസുദയാ പൂരയും ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപദരവണം പ്രാവിശദ്ഗീതകീർത്തി മയിൽപീലി ചൂടി പീതാംബരം ധരിച്ച് നീലശ നീലമേഘശ്യാമണനായ കണ്ണൻ വനമാല ധരിച്ച് അധരസുതയാൽ വേണുവിനെ പൂരണം ചെയ്തുകൊണ്ട് വേണുവാദനം ചെയ്തുകൊണ്ട് വരുന്നത് കണ്ട് ഒരു ഗോപിക മറ്റൊരു ഗോപികയോട് പറയുന്നു നമ്മൾക്ക് ഈ കണ്ണുകൾ കിട്ടിയിട്ടുണ്ടല്ലോ ഇന്ദ്രിയങ്ങൾ ഇതിന് പരമമായ ഫലം തന്നെ കണ്ണനെ കാണുന്നതാണ് എന്ത് വിചിത്ര അവൻ അണിഞ്ഞിരിക്കുന്നത് ചൂതപ്രവാളബർഹ സ്തപകോത്പലാജമാലാനുപൃത്ത പരിധാന വിചിത്രവേഷ എന്തൊക്കെ വേഷമാണ് കിട്ടിയിരിക്കുന്നത് മാവിൻ നീലോത്പലം ഇതൊക്കെ ധരിച്ച് ചൂതപ്രവാളബർഹ സ്തക മധ്യേ വിരേജതു അലം പശുപാല ഗോഷ്ട്യാം നാടകത്തിലേക്ക് വേഷം കെട്ടിയ ആളുകളെ പോലെയൊക്കെ വേഷം കെട്ടിക്കൊണ്ട് നടവരഗോപാലനായിട്ട് വരുന്നു ആ വേണുകാന ശ്രവണം ചെയ്ത് മാനുകളൊക്കെ പ്രേമത്തോടുകൂടെ കണ്ണുകൊണ്ട് മാനുകളുടെ കണ്ണിന് ഒരു ഭംഗി ആ കണ്ണ് ചിമിട്ടാതെ കണ്ണനെ എടുത്തു നോക്കി ആ വേണുകാനത്തിനെ ആസ്വദിക്കുന്നു മാനുകൾ മയിലുകളൊക്കെ പീലി വിരിച്ച് ചെയ്യുന്നു ഗോപസ്ത്രീകൾ പറയാ ഈ വേണു എന്തൊരു ഭാഗ്യം ചെയ്തു ഗോപ്യം കുശലം ദാമോദരാമോദര ദാമോദരാധരസുധാമി ഗോപിക സ്വയം യശിഷ്ടരസംഹൃതിന്ഷ്യത്വോ ശ്രുമുജുരവോ യഥ ഒരു കുടുംബത്തിൽ അവരുടെ കുടുംബത്തിൽ ഒരു ഭക്തൻ വന്നുവെങ്കിൽ ആ ഭക്തന്റെ ഉയർന്ന അനുഭവത്തിനെ കണ്ട് ആ പരമ്പരയിലുള്ള ആരെങ്കിലുമൊക്കെ കണ്ട് ആഹാ ഞങ്ങളുടെ പരമ്പരയിൽ കുടുംബത്തിൽ ഒരാൾ ഭഗവാനെ പ്രാപിച്ചുവല്ലോ എന്ന് ആനന്ദാശുർ പോലെ ഈ വേണു ഭഗവാൻ അധരത്തിൽ വെച്ച് വാദനം ചെയ്യുന്നത് കണ്ട് ഗോപസ്ത്രീകൾ പറയാണ് ഈ ഗോപി ഈ വേണുവിന് എന്തൊരു ഭാഗ്യം അധരസുത കൃഷ്ണന്റെ അധരസുതയെ ആസ്വദിക്കുന്നു ഈ വേണുവിന്റെ ഭാഗ്യം കണ്ട് വേണുവിന്റെ വംശത്തിലുള്ള നദീതീരത്തിലുള്ള മുളകളൊക്കെ ഉണ്ട് ആ മുളകളൊക്കെ മഴ പെയ്ത വെള്ളം വിമോചനം ചെയ്യുന്നത് കണ്ടാൽ അവർ കണ്ണീര് വിടുകയാണോന്ന് തോന്നും വൃക്ഷങ്ങളിൽ ഉള്ള ഇലകളൊക്കെ കാണുമ്പോ ഈ നദി നദീജലം പാനം ചെയ്ത് വളർന്ന മുളകള് ആ മുളകളിൽ ഒരു മുള ഈ വേണുവായിട്ട് തീർന്നുവല്ലോ എന്ന് രോമാഞ്ചപുളകിതമാവുകയാണോ എന്ന് തോന്നും ആ വേണുവിനോട് ഒരിക്കൽ ഒരു ഗോപിക ചോദിച്ചു നീ എന്ത് ഭാഗ്യം ചെയ്തു കൃഷ്ണൻ എപ്പോഴും തന്നെ കക്ഷത്തില് വെക്കുന്നു ഇടുപ്പിൽ വയ്ക്കുന്നു വദനത്തിൽ വെക്കുന്നു അതിലൂടെ അതിസുന്ദരമായി സംഗീതം വരുന്നു ഇതിന് നീ എന്ത് തപസ് ചെയ്തു ഞങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു നിന്നെ എപ്പോഴും കൂടെ വെക്കുന്നു അപ്പൊ ആ വേണു പറഞ്ഞു എത്ര നോക്കൂ എന്റെ ഉള്ളിൽ ഒന്നുമില്ല ഇതുപോലെ അവയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും കൂടെ വയ്ക്കും യാതൊരു തടസ്സമില്ല അതിലൂടെ ഭഗവാന്റെ സംഗീതം ഒഴുകും എപ്പോ അഹങ്കാരത്തിന്റെ അല്പ പോലും ഇല്ലാതാവുന്നു എപ്പോ നമ്മൾ ഹോളോ ആവുന്നു അപ്പൊ ഹോളി ആവും ിൽ ബിക്കും ഹോളോ ഈ വിൽബിക്കും ഹോളി അപ്പൊ പവിത്രമാവും അപ്പൊ ഭഗവാന്റെ സംഗീതം സദാ അതിലൂടെ ഒഴുകും ആ വേണുരണിതം കേട്ട് മാനുകൾ പൂജ ചെയ്യുന്നു പ്രണയാവലോകം കൊണ്ട് പൂജ ചെയ്യുന്നു പശുക്കളൊക്കെ വായിൽ വെച്ച പുല്ല് ഭക്ഷിക്കാതെ അത് അങ്ങനെ വായിൽ വെച്ച് നിൽക്കുന്നു വൃക്ഷക്കൊമ്പുകളിലിരിക്കുന്ന പക്ഷികളൊക്കെ ഇവരൊക്കെ ഋഷികളായിരിക്കണം എന്താന്ന് വെച്ചാൽ ഒരു ശബ്ദവും ഇല്ലാതെ നിശ്ചലമായ ആ വേണുകാനത്തിനെ ആസ്വദിച്ചുകൊണ്ട് നിശബ്ദമായിട്ടിരിക്കും ഇങ്ങനെ ഗോപികകൾ പരസ്പരം പറഞ്ഞ് മാരപരവശ്വരായിട്ട് തീർന്നു കണ്ണനെ ഞങ്ങൾക്ക് പതിയായിട്ട് കിട്ടണം കാത്യായിനി മഹാമായേം മഹായോഗിന്യധീശ്വരി നന്ദഗോപുതം ദേവി പതിമേ കുരു നമ ഈ മന്ത്രം ചൊല്ലി കാത്യായനി വ്രതം ചെയ്തു വ്രതം കഴിഞ്ഞ് വ്രതസ്നാനം ചെയ്തു വ്രതസ്നാനം ചെയ്യുമ്പോൾ വിവസന സ്നായാതെ വസ്ത്രമില്ലാതെ കുളിക്കരുത് എന്നാണ് അതുമാത്രമല്ല ശരീരമേ ഒരു വസ്ത്രം ശരീരത്തിനോടുള്ള അഭിമാനം എപ്പോ പോകുന്നുവോ അപ്പോഴേ ഒരു ജീവന് ഭഗവത് പ്രാപ്തി ഇവിടെ ഒരു ജീവൻ ഭഗവാനെ വരിക്കുന്നതാണ് ഈ എനിക്ക് ഭഗവാനെ വേണം ഭഗവാനെ വേണം എന്ന് വരിക്കുന്നതാണ് കാത്യായനി ഭഗവാനെ പ്രാപിക്കുന്നതാണ് രാസക്രീഡ ഭഗവത് പ്രാപ്തി നിത്യനിരന്തര അനുഭൂതി ആ നിത്യനിരന്തര ഭഗവത് അനുഭവം വരണമെങ്കിലോ ശരീരാഭിമാനം പൂർണ്ണമായിട്ടും പോകണം നമുക്കാണ് വസ്ത്രം ഈ ശരീരമേ ഒരു വസ്ത്രം അതിനു മേലെ ഒരു വസ്ത്രം മൃഗങ്ങൾ എന്തെങ്കിലും വസ്ത്രം കൊടുത്ത് നടക്കണോ അവർക്ക് ദേഹാഭിമാനം നമ്മളെ പോലെ അവർക്ക് ദേഹമേ പ്രകൃതിയുടെ ഒരു അംശമാണ് നമുക്ക് ഈ ശരീരാഭിമാനം അതിൻ്റെ ഒരു അംശമാണ് ഈ വസ്ത്രധാരണി മഹാത്മാക്കൾക്ക് ജ്ഞാനസ്ഥിതിയിലും രമണ മഹർഷിയുടെ ഒരു ഭക്തൻ ചോദിച്ചു അങ്ങ് ഈ കൗപീനം മാത്രം ഉടുത്തിരിക്കണമല്ലോ ദേഹുവിന് ഉദ്ദേശിച്ചത് ഇത്രയും അല്പം ഉടുത്തിരിക്കണമല്ലോ എന്നാണ് ഉദ്ദേശിച്ചത് മഹർഷി പറഞ്ഞു എന്ത് എന്ത് എന്ത് ചെയ്യാം ഇത് സമൂഹത്തിൽ അത് വേണ്ടിയിരിക്കും കൗപിയെ മാത്രം ധരിച്ചിരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത് സമൂഹത്തിന് അത് വേണ്ടിയിരിക്കണം അത് എനിക്ക് വേണ്ടിയിട്ട് ഈ വസ്ത്രം ശരീരത്തിനെ താൻ എന്ന് ധരിച്ച് സ്വരൂപത്തിനെ മറന്നുപോയിരിക്കുന്നു ശരീരാഭിമാനം പതുക്കെ പതുക്കെ വിടണം അതിന്റെ ഒരു ഭാഗമാണ് ഈ വസ്ത്രാക്ഷേപ ഭഗവാൻ ഗോപസ്ത്രീകളുടെ വസ്ത്രമെടുത്ത് മര മരക്കൊമ്പിൽ കയറിയിരുന്നു ഗോപികകളെ വെള്ളത്തിൽ നിന്ന് അവർ കുളിച്ച് കയ കയറാൻ നോക്കുമ്പോൾ വസ്ത്രം വല്യാ കൃഷ്ണൻ മുകളിലിരിക്കുന്നുണ്ട് ഏഴു വയസ്സ് കൃഷ്ണന് അതോ ഓർത്തോളൂ കണ്ണാം വസ്ത്രം നിങ്ങൾ കരക്ക് കയറി നമ്മൾ വാങ്ങിച്ചോടുക നിങ്ങൾ രാജാവിനോട് പറയും നന്ദഗോപുര വിളിച്ച് പറയും പറയണമെങ്കിൽ അവിടുന്ന് വന്നിട്ടുണ്ടല്ലോ പറയാം വന്ന് നമസ്കരിക്കുക നമസ്കരിച്ച് വാങ്ങിച്ചോടുക എന്നാണ് അവസാനം ഭഗവാൻ വരെയും അനുഗ്രഹിച്ചു ഈ വസ്ത്രാക്ഷയ വിളിയിലേക്ക് ശേഷം ഭഗവാൻ അവർക്ക് വാക്കുകൊടുക്കുകയാണ് രാസക്രീഡയ്ക്കായിട്ട് ഒരിക്കൽ ഇവർ കാട്ടിൽ ചെന്ന് എവിടെയെങ്കിലുമൊക്കെ ഭക്ഷിക്കാം എന്ന് തീരുമാനിച്ച് കാട്ടിലേക്ക് ചെന്നു മുഞ്ചാരണ്യം എന്ന ഭാഗം വൃന്ദാവനത്തിൽ മുഞ്ചാരണ്യം എന്ന് വെച്ചാൽ ദർഭ ദർഭവനം ഈ ദർഭക്കാട്ടിൽ ചെന്ന് അവിടെ ഒരു യാഗം നടക്കുന്നുണ്ട് അങ്കിരസ സത്രം നടക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി ഉച്ചയാകുമ്പോൾ കൃഷ്ണ ആ വിശക്കണം വളരെ വിശക്കണു എത്രയോ അസുരന്മാർ വന്നു ഇപ്പോൾ ഒരു വയറ്റിനുള്ളിലാണ് ഒരു അസുരൻ വിശക്കണം കൃഷ്ണൻ പറഞ്ഞു ഇവിടെ അടുത്തൊരങ്കിര സത്രം നടക്കുന്നുണ്ട് ആ യാഗശാലയിൽ ചെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞു വെച്ചതാണെന്ന് പറഞ്ഞ് ഭക്ഷണത്തിനായിട്ട് ചോദിക്കാം യാഗശിഷ്ടമായ വസ്തുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ വിശന്നു വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടാവും ഈ നിയമം പറഞ്ഞാൽ മതി അവിടെ ചെന്ന് കുറെ നേരം നിന്നു ബ്രാഹ്മണരെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല കുറെ നേരം നിന്നു ഹേ ഭൂമിദേവാഷ്ണു ഹേ ഭൂമിദേവന്മാരെ ഒന്ന് കേൾക്ക ഇതിൽ വേറെ ഒരു കാര്യം കൂടെ അറിയണം കൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വില ഉണ്ടാവോ അവർക്ക് എന്നുവെച്ചാൽ ഇപ്പോ ഈ കാളിയമർദ്ദനം മുതലായിട്ടുള്ള ലീലകളും പൂതനാമോക്ഷം തൊട്ട് തുടങ്ങി കാളിയമർദ്ദനം വരെയുള്ള ലീലകളും ദാവാഗ്നിപാനം പ്രളംബവധം ഇതെല്ലാം അവിടെ പ്രചാരത്തിലായി കഴിഞ്ഞു വൃന്ദാവന മുഴുവൻ പലവിധത്തിലും ഒരു മഹാത്മാവ വരുമ്പോൾ തന്നെ ഒരു ജ്ഞാനികൾ ഒരിടത്ത് ആവിർഭവിക്കുമ്പോൾ തന്നെ ലോകത്തിൽ പലവിധ കഥകൾ അത്ഭുതമായി മാജിക് പോലെ പ്രചരിക്കും അതാരും പറഞ്ഞ് പ്രചരിപ്പിക്കുമെന്നും വേണ്ട ചിലർ വിശ്വസിക്കും അവരവരുടെ വാസനയ്ക്കനുസരിച്ച് അവർ പക്വികളായ സാധകന്മാരായിട്ടുള്ളവര് അവരുടെ ഉള്ളിലുള്ള ജ്ഞാനത്തിനെ ഊഹിച്ചറിയും ഊഹിച്ചറിയ ഹൃദയം ഹൃദയത്തിനെ അറിയും ചിലർ പറയും എന്തോ അവരെക്കുറിച്ച് ഓരോരുത്തരും ഓരോന്ന് എന്ന് ചിലർ അഭിപ്രായം പറയും ചിലർ പറയും അതൊക്കെ ഓരോ പരട്ടാണ് എന്ന് പറയും ഇങ്ങനെ പല ആ വാർത്ത അങ്ങോട്ട് പരക്കും അതേപോലെ തന്നെ ഭഗവാന്റെ അവതാര സമയത്തും ഈ വൃന്ദാവന മുഴുവൻ ഈ വാർത്ത പറന്നിരിക്കുന്നു ഈ ബ്രാഹ്മണരുടെ ഇടയിലും കൃഷ്ണനെ അറിയാം ബ്രാഹ്മണ സ്ത്രീകൾ ഈ വിപ്രപത്നികൾ പ്രത്യേകിച്ച് ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ ബ്രാഹ്മണരൊക്കെ നല്ല ശാസ്ത്രജ്ഞാനമുള്ളവർ വേദാധ്യയനം ചെയ്തിട്ടുള്ളവർ പരസ്പരം ശാസ്ത്ര ചർച്ച ചെയ്യും ഈ സ്ത്രീകൾ ബ്രാഹ്മണ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്നും ആത്മസാക്ഷാത്കാരം വേണമെങ്കിൽ സദ്ഗുരു വേണമെന്നും സദ്ഗുരുവായിട്ട് സാക്ഷാത് ഭഗവാനെ ഇവിടെ അടുത്തുണ്ട് ഒക്കെ അറിയാം ഇവർ മുമുക്ഷക്കളാണ് ഗോപസ്ത്രീകളെ പോലെയല്ല ഈ വിപ്രപത്നികളുടെ കഥ മുമുക്ഷുകളാണ് അവർക്കറിയാം പക്ഷെ അവർക്ക് കുടുംബം ഗൃഹസ്ഥ ധർമ്മം വിട്ടു പുറത്തെങ്ങും പോവാനും വയ്യ ഈ സമയമാണ് ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കാനായി മുഞ്ചാരണ്യത്തിലേക്ക് വന്നിരിക്കുന്നത് ആദ്യം ഗോപപാലന്മാരെ പറഞ്ഞുവെച്ചു ബ്രാഹ്മണർ ഒന്നും പറഞ്ഞില്ല ശരി പറഞ്ഞില്ല ഇല്ല എന്ന് പറഞ്ഞില്ല തിരിച്ചു വന്നു കൃഷ്ണനോട് പറഞ്ഞു വല്ലതും ഭക്ഷണം കിട്ടിയോ ഇല്ല വിശപ്പ് കൂടിയത് മിച്ചം അവിടെ പോയി കുറേ നേരം നിന്നും ഒന്നും കിട്ടിയില്ല ദർശനൻ ലൗകികയും ഗതിയും ലോകത്തിന്റെ ഗതിയെ കാണിച്ചു തരുന്ന പോലെ ഭഗവാൻ പറഞ്ഞു അവിടെ അടുത്ത് പത്നിശാല എന്നുണ്ടാവും ഈ വിപ്രപത്നികൾ അവിടെ ഉണ്ടാവും അവരോട് ചെന്ന് പറയ വീണ്ടും ഈ ഗോപാലന്മാർ തിരിച്ചു ചെന്നു കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും അവര് ജടശരീരത്തിന് ജീവൻ വന്ന പോലെ കുതിച്ചെഴുന്നേറ്റു കണ്ണൻ എവിടെ കൃഷ്ണൻ എവിടെ വന്നിരിക്കുന്നു കൃഷ്ണൻ ഇവിടെ മുഞ്ചാരംഗ്യത്തിൽ അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ വിശക്കണു ഞങ്ങൾ അല്പം ഭക്ഷണം ചോദിച്ചു വന്നതാണ് പല വിധത്തിലും ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒരുപക്ഷേ ഈ ഭർത്താക്കന്മാർക്ക് യാഗം കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ള ഭക്ഷണം പോലും ചതുർവിധം ബഹുഗുണം അന്നം ആദായ ഭാജനി പാത്രത്തിൽ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭഗവാനെ ധാരാളം കേട്ടിട്ടുണ്ട് ഭഗവതി ഉത്തമ ശ്ലോകെ ദീർഘശ്രുത ധൃതാശയാഹ കുറേ കാലമായി കേട്ട് കേട്ട് അവരുടെ ചിത്തം ഭഗവത് സ്വരൂപത്തിൽ ദൃഢരൂഢമാണ് അവിടെ രൂഢമായിരിക്കുന്നത് ഇപ്പോഴാണ് കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥവുമായിട്ട് ഓടിക്കൊണ്ടുവന്നു ദൂരത്തുനിന്ന് കണ്ണനെ കാണാണ് ശ്യാമം ഹിരണ്യപരിധി ഹധാതുപ്രവാളം ധാതുപ്രവാളനടവേഷമനുവ്രതാംസേ വിന്യസ്തഹസ്തം ഇതരേണധുനാനം അബ്ജം കർണോത്പലാലക കപോല മുഖാബ്ജഹാസം അദ്ഭുതമായ വർണ്ണനം ഒരു ജീവൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എന്തും മറന്നുപോകും പക്ഷെ അവരവരുടെ സദ്ഗുരുവിനെ ആദ്യമായിട്ട് കാണുക മറക്കാനേ സാധ്യമല്ല ഇവിടെ ഇവര് ഭഗവാന്റെ അടുത്ത് മുമുക്ഷുകളായിട്ടാണ് വരുന്നത് ഭഗവാനെ ദൂരത്തിൽ നിന്ന് കാണുന്നു കാണുമ്പോൾ ഭഗവാൻ ഇവർക്ക് ആദ്യം കൊടുക്കുന്ന ദർശനം യോഗേശ്വരനായിട്ടാണ് എന്നുവെച്ചാൽ പല വേഷങ്ങൾ യോഗേശ്വരന്മാരായിട്ടുള്ളവർ കെട്ടും ഭഗവാനിൽ നിന്ന് പഠിച്ചതോ അല്ല ഭഗവാൻ യോഗേശ്വരന്മാരിൽ നിന്ന് പഠിച്ചതോ ഈ വേഷം കെട്ടലുണ്ട് ഡ്രാമ പോലെ അതാണ് നടവേഷം ഇപ്പോ ഒരു പശു നിൽക്കുന്നുണ്ട് ഒരു ഗോപാലൻ അടുത്തു നിൽക്കുന്നുണ്ട് ശ്യാമം ഹിരണ്യപരിധി നീലമേഘ ശ്യാമളനാണ് കണ്ണ് സ്വർണവർണത്തിലുള്ള പീതാംബരം ധരിച്ചിട്ടുണ്ട് കഴുത്തിൽ വനമാല ധരിച്ചിട്ടുണ്ട് ധാതുപ്രവാണം മാന്തളിക് പൂങ്കൊത്ത് പലവിധത്തിലുള്ള കാട്ടുപുഷ്പങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിയിട്ടുള്ള മാല ഇതൊക്കെ കഴുത്തിൽ ധരിച്ചിട്ടുണ്ട് ഒരു ഗോപന്റെ തോളിൽ കൈയിട്ടിട്ടുണ്ട് തോളില് കൈയിട്ട് മറ്റൊരു കയ്യിൽ ഒരു താമര പിടിച്ചിട്ടുണ്ട് എന്നിട്ട് വിത്യ വ്യത്യസ്ത പാതാരനായി കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് ഈ താമര ഇങ്ങനെ ചുഴട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഇവർക്ക് ദർശനം അങ്ങനെയാണ് ദൂരത്ത് നിന്ന് നീലമേഘശ്യാമളനായി പീതാംബരധാരിയായി ഇതരേണധുനാനമബ്ജം കയ്യിലൊരു താമരയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപം ഈ ശ്ലോകം വായിച്ച് ചൈതന്യ മഹാപ്രഭു ഭാവസമാധി മഗ്നനായി വീണു ഭഗവാനെ അങ്ങനെയാണ് വിപ്രപത്നികൾ ദൂരത്തുനിന്ന് കാണുന്നത് അതീവ പക്വികളായിരുന്നതുകൊണ്ട് അതുമാത്രമല്ല എത്രയോ കേട്ട് കേട്ട് കേട്ട് ചെവിയിലൂടെ കേട്ട് ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു ഇപ്പൊ കണ്ണിലൂടെ ഭഗവാനെ ആദ്യമായിട്ട് ഉള്ളിലേക്ക് കടത്തുകയാണ് പ്രായശ്രുതപ്രിയതമോദയ കർണപൂരൈ യസ്മിൻ നിമഗ്ന മനസഹ യസ്മിൻ നിമഗ്ന മനസഹ തഥാക്ഷിരന്ധൈ അന്തഃപ്രവേശ്യ സുചിരം പരിരഭ്യ താപം പ്രാജ്ഞം യഥാഭിമയോ വിജഹൂ നരേന്ദ്രശ്രുതമോ ശ്രുതപ്രിയതമോദയർണപൂരൈ പ്രിയതമനായ ഭഗവാനെ ചെവി കൊണ്ട് കേട്ട് കേട്ട് കർണത്തിലൂടെ കേട്ട് കേട്ട് ഹൃദയത്തിൽ നിറച്ചിട്ടുണ്ട് പ്രിയ ശ്രുത പ്രിയതമോദയ കർണപൂരൈ യൻ നിമഗ്ന മനസ മനസ് ഭഗവാന് ലഗ്നമായിരിക്കുന്നു ഇപ്പൊ അക്ഷിരന്ധ്രൈഹി കണ്ണുകൊണ്ട് ഇപ്പൊ കാണുകയാണ് കണ്ണ് എന്നുള്ള ദ്വാരത്തിലൂടെ ഭഗവാന്റെ ദിവ്യരൂപം ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അന്തപ്രവേശ്യ ഉള്ളില് പ്രവേശിച്ച് പരിരഭ്യതാപം ഉള്ളില് ഭഗവാനെ ആലിംഗനം ചെയ്തു എന്നാണ് ഭഗവാനെ ആലിംഗനം ചെയ്തു എന്ന് വെച്ചാൽ എന്താ ഇതൊന്നും ലൗകികമായിട്ട് എടുക്കരുത് ഉദാഹരണം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രാജ്ഞം യഥാ അഭിമതയ ചിത്തവൃത്തികൾ പകൽവേളയിൽ അഥവാ ജാഗ്രത അവസ്ഥയിൽ പുറമേക്ക് വ്യവഹരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ദ്രിയങ്ങളിലൂടെ ചിത്തവൃത്തികൾ അതാണ് അഭിമതയ അഭിമാനവൃത്തകൾ ഓരോ ചിത്തവൃത്തിയിലും അഭിമാനം ഉണ്ടല്ലോ അഭിമാന ചിത്തവൃത്തി ലോകത്തിൽ ജാഗ്രത അവസ്ഥയിൽ വ്യവഹരിക്കുന്നു സ്വപ്നത്തിലും മനസ്സ് ചലിക്കുന്നു ഈ ചലിക്കുന്ന അഭിമാന സുഷുപ്തി അവസ്ഥയിൽ എന്താവുന്നു വെച്ചാൽ എല്ലാ വ്യവഹാരത്തിനെയും വിട്ടിട്ട് ഉള്ളിലുള്ള പ്രാജ്ഞൻ ജാഗ്രത അവസ്ഥയിലുള്ള ജീവന് വിശ്വൻ എന്നും സ്വപ്നത്തിലുള്ള ജീവന് തൈജസൻ എന്നും സുഷുപ്തിയിൽ പ്രാജ്ഞൻ എന്നുമാണ് പേര് പ്രാജ്ഞൻ ഈശ്വരസ്ഥാനീയനാണ് ഈ പുറമേക്കുള്ള ചിത്തവൃത്തികൾ മുഴുവൻ അന്തർമുഖമായി സുഷുപ്തി അവസ്ഥയിലുള്ള സദ്വസ്തുവിനെ ആലിംഗനം ചെയ്ത് മനസ്സ് കിടക്കുന്നു അപ്പൊ നമുക്ക് സുഖം യാതൊന്നുമില്ല ദ്വൈതം ദ്വൈതപ്രതി പ്രതീതിയെ ഇല്ല രണ്ടില്ല അവിടെ സുഷുപ്തിയിൽ ഈ ചിത്രം പ്രാജ്ഞനെ ആലിംഗനം ചെയ്യുന്ന പോലെ ഭഗവാനെ മുമ്പിൽ കണ്ടതും ഇവർക്ക് അകമേക്കൊരു അനുഭവം ഉണ്ടായി എന്നുവെച്ചാൽ നിർവികൽപ്പ സമാധി അനുഭവം ഉണ്ടായി നർത്ഥം കൃഷ്ണനെ പുറത്തു കണ്ടതും ഈ പ്രാജ്ഞനെ അഭിമാന ചിത്തവൃത്തികൾ ആലിംഗനം ചെയ്യുന്ന പോലെ മനസ്സ് അന്തർ അന്തരംഗത്തിൽ ചെന്ന് ആത്മാവിനെ ആലിംഗനം ചെയ്തു സ്വരൂപത്തിൽ ചെന്ന് നിന്നു പ്രപഞ്ചോപശമമായ അനുഭവം ഉണ്ടായി അദൃശ്യവും അവ്യവഹാരിവും പ്രപഞ്ചോപശമവുമായ അനുഭവം ഹൃദയത്തിൽ ഉണ്ടായി ഒരു ക്ഷണം അത്രയേ ഉള്ളൂ വന്നു കഴിഞ്ഞു കാര്യം കഴിഞ്ഞു ഉപദേശിക്കലോ പറഞ്ഞു കൊടുക്കലോ ഒന്നുമില്ല അതീവ പക്വികളായി ഭഗവാന്റെ അടുത്തേക്ക് വന്നു ആ കാണുന്ന ആ ദർശനത്തിൽ തന്നെ ഇവർ കഴിഞ്ഞു താസ്താ തർവാശാഹ പ്രാപ്ത ആത്മതിദൃക്ഷയാ വിജ്ഞായ അഖില ദൃക്ദ്രഷ്ട്രഹസിതാനനഹ ഭഗവാൻ അങ്ങനെ ഇനി ഇനി നമുക്ക് ലോകവർത്തമാനം പറയാം വന്നതും കാര്യം കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം എന്താ വിശേഷം ഒക്കെ ചോദിക്കാമല്ലോ ഇപ്പൊ വന്ന എങ്ങനെയാ വന്ന തക്ത സർവാശാഹ യാതൊരാശയം അവർക്കില്ല പ്രജഹാതി യഥാ കാമാൻ സർവാൻപാർത്ഥം നോക്കത തെക്തസർവാശാഹ പിന്നെ എന്തിനു വന്നു ആത്മതിദൃക്ഷയാ ആത്മാനും ദ്രഷ്ടും ഇച്ഛ ആത്മതിദൃക്ഷ ആത്മാവിനെ കാണാനുള്ള ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉത്കടമായ വിശപ്പോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത് ആത്മതിദൃക്ഷയാ ഇതെങ്ങനെ മനസ്സിലായി ആർക്കും മനസ്സിലായി ഭഗവാൻ എങ്ങനെ മനസ്സിലായി അഖിലദൃക് ദ്രഷ്ട അർക്കാനാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരിക്കുന്ന പൊരുളാണല്ലോ അതുകൊണ്ട് ഇവരുടെ അന്തർദ്രഷ്ടാവായി സാക്ഷിയായി നിൽക്കുന്ന പരമാത്മാവായ കണ്ണന് അവർ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി അതുകൊണ്ട് അത് ചോദിച്ചു വരുന്നവർ വളരെ വിരളം ചോദിച്ചതും കൊടുത്തു ഏ യഥാമാം താൻ സദൈവ ഭജാമ്യഹം ഇവര് മുമുക്ഷുക്കളായിട്ട് വന്നു മോക്ഷം കൊടുത്തു കണ്ട ഉടനെ മുക്തരായി അവർ അതിനുശേഷം ചോദിച്ചു ഇത്രയും മിണ്ടിയിട്ടേ ഇനിയാണ് അപ്പൊ സ്വാഗതം വോ മഹാഭാഗാഹ്യാം വരൂ വരൂ സുഖമല്ലേ ഇരിക്കൂ എന്താ വിശേഷം നോക്കുന്നവർക്ക് ഇപ്പോഴാണ് ആദ്യമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണതെന്ന് തോന്നുന്ന വന്നു വളരെ സാധാരണമായിട്ട് എന്താ സൗഖ്യമല്ലേ ഇരിക്കൂ എന്തെന്തോ വിശേഷം പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിക്കേഷൻ ആദ്യത്തെ ആ ദൃഷ്ടിയിലേ കഴിഞ്ഞു കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു വാങ്ങേണ്ടത് വാങ്ങിക്കഴിഞ്ഞു ഹൃദയം ഹൃദയത്തിനോട് ചേർന്ന് ഇനിയൊക്കെ വരൂ ഇരിക്കൂ കാപ്പി കുടിക്കണോ ചായ കൊടുക്കണോ ഒക്കെ ചോദിക്കണ പോലെ ഭഗവാൻ വളരെ കാഷ്വൽ ആയിട്ട് അവരോട് എന്താണ് ഇരിക്കൂ സൗഖ്യമല്ലേ ഇനിയിപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയാം നിങ്ങൾ വന്നത് വളരെ നന്നായി പ്രാണൻ മനസ്സ് ബുദ്ധി എല്ലാത്തിനേക്കാളും എല്ലാവർക്കും ആത്മാവാണല്ലോ ഇഷ്ടപ്പെട്ട വസ്തു അതുകൊണ്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇനിയിപ്പോ തിരിച്ചു പോവുക ഭർത്താക്കന്മാരൊക്കെ നിങ്ങളെ കാത്തുകൊണ്ടിരിക്കണ്ടാവും അവരുടെ അടുത്തേക്ക് ചെല്ല തിരിച്ച് അപ്പോ വിപ്രപത്നികൾ പറഞ്ഞു ഭഗവാനെ തിരിച്ചു ചെല്ലാൻ പറഞ്ഞാൽ ശരിയാവില്ല സത്യം കുരുഷ വേദം എന്ത് പറയുന്നു നസ പുനരാവർത്തതേ നിവർത്തന്ത എന്നൊക്കെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി തിരിച്ചു വരവില്ല എന്നാണ് വേദവാണി അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ എവിടെ എത്തണോ അവിടെ എത്തിയിട്ട് ഇനി എവിടെ തിരിച്ചു പോകും സത്യം കുറുഷ്വനിഗമം ഇനി തിരിച്ചയക്കരുത് ഞങ്ങള് ഞങ്ങൾ തിരിച്ചു ചെന്നാലും ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ സ്വീകരിക്കില്ല പലരും വിലംഘനം ചെയ്താണ് ഞങ്ങൾ വന്നിരിക്കണത് ഞങ്ങളെ തിരിച്ചു ചെന്നാൽ സ്വീകരിക്കില്ല ഭഗവാൻ രണ്ടു വിധത്തിലാണ് ആശീർവാദം ചിലരെ പൂർണമായും ഭഗവാൻ സന്യാസികളാക്കും ഗോപസ്ത്രീകളെ പോലെയുള്ള ഭക്തന്മാരും ഉണ്ടാവും വിപ്രപത്നികളെ പോലെയുള്ള ഭക്തന്മാരും ഉണ്ടാവും ഭഗവാനെ അറിയുള്ളൂ എന്തിനാ ഈ രണ്ടു തരത്തിലാണ് രണ്ടുപേരും ഒരേ സ്ഥിതിയിലാണെങ്കിലും രണ്ടുപേരോടുള്ള ഡീലിംഗ് രണ്ടു വിധത്തിലാണ് ഗോപസ്ത്രീകൾക്ക് സർവം പോയി കുടുംബം ഭാര്യ ഭർത്താവ് ഒരു ഭേദമില്ലാതൊക്കെ വിട്ടുപോയി സന്യാസിന്ന് വെച്ചാൽ അതാണ് എല്ലാം വിട്ടുപോകുന്നു ഭഗവത് ഭക്തിയില് കുടുംബവും പോയി സർവവ്യവഹാരവും പോയി സർവസംഗപരിത്യാഗികളായി നടക്കുന്ന യതികൾ അതൊരു തരത്ത് മറ്റൊരു തരത്തിൽ ജ്ഞാനികൾ അവർക്ക് ജ്ഞാനവും കൊടുത്ത് നിങ്ങൾ പോയി എല്ലാം ഇരിക്കുക നിങ്ങൾ കുടുംബത്തിലും എല്ലാം ഇരിക്കുക ഒന്നുകൊണ്ട് നിങ്ങൾ ബാധിക്കപ്പെടില്ല ഈ വിപ്രപത്നികളോട് ഭഗവാൻ പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ നിങ്ങളെ സ്വീകരിക്കും മാത്രമല്ല ഭക്തിയോടുകൂടെ സ്വീകരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭക്തിമതികളായ ഭഗവത്പ്രാപ്തി നേടിയ ഭാര്യമാരുണ്ടല്ലോ എന്ന് ഓരോ ഭർത്താവും എന്റെ ഭാര്യ ഭഗവാനെ പ്രാപിച്ചവളാണല്ലോ അവൾക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓരോ ഭർത്താവും ആശ്ചര്യപ്പെടുന്ന വിധത്തിൽ ബഹുമാനിക്കുന്ന വിധത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചു ഓരോരുത്തർക്കും ഏതാണ് യോഗ്യം ഏതാണ് സൗകര്യം ഈശ്വരൻ അറിയാം അതിനനുസരിച്ച് നമ്മള് സന്യാസാശ്രമത്തിലോ ഗൃഹസ്ഥാശ്രമത്തിലോ ബ്രഹ്മചര്യാശ്രമത്തിലോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് വേണ്ടത് എന്താ ഭഗവാൻ ഭഗവാനെ തരണം അല്ലാതെ ഈ ബാക്കി കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പം ഈ വിപ്രപത്നികൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ചത് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു എല്ലാവരും സ്വീകരിക്കും കുടുംബത്തിലൊക്കെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബസ്ഥന്മാരും കുടുംബക്കാരും സ്വീകരിക്കുന്ന രീതിയിൽ ഞാൻ ഇത് അനുഗ്രഹിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്തന്മാരെ സ്വീകരിക്കില്ല ഗോപസ്ത്രീകളെ സ്വീകരിച്ചില്ല നമ്മൾ കാണും ഗോപസ്ത്രീകൾ എന്താ ധർമ്മം പഴച്ചവരാണ് വഴിപഴച്ചവരാണ് എന്നൊക്കെ നിന്ദിച്ച് പുറത്തു തള്ളുന്ന രീതിയിൽ അത്രയധികം അവർക്ക് ലോകം വിട്ടുപോയി ആര്യപഥം സ്വജനം ആര്യപഥം ജഹിത്വ ഭേജെ മുകുന്ദ പദവിയും ശ്രുതിപിർ വിമൃഗ്യാം ഇവിടെ വിപ്രപത്നികളെ ഭഗവാൻ ആശീർവദിച്ച് തിരിച്ചയച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിനെ എന്നിൽ വയ്ക്കുക ശരീരം അടുത്തിരിക്കുക എന്നുള്ളത് അത്ര നല്ലതല്ല വിപ്രപത്നികളോട് ഭഗവാൻ പറഞ്ഞാൽ പ്രീതയെ അനുരാഗായ ഹ്യംഗസംഗോ എന്നിടാമിക അടുത്തിരിക്കുന്നിടത്തോളം വേണ്ടാത്ത ഒരു അറ്റാച്ച്മെന്റ് വന്നുപോകും ഒരഭിമാനം വന്നു പോവും അതുകൊണ്ട് ദൂരത്തിരിക്കാം മനസ്സിനെ എന്നിൽ വെക്കും നിങ്ങളുടെ ശരീരം ദൂരത്തിരിക്കൻ മനോമയുഞ്ചാനാഹ അചിരാമവാപ്സ്യ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ശാരീരികമായി അടുത്തിരിക്കുന്നവരെക്കാളും മനസ്സിനെ എന്നിൽ വെക്കും നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ എന്നെ പ്രാപിക്കും അതുകൊണ്ട് ആത്മസാക്ഷാത്കാരം നേടും ചെല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു പറഞ്ഞു ഇത് അധ്യാത്മ രഹസ്യമാണത് എല്ലാ അങ്ങനെയാണ് നമുക്ക് ഭഗവാനെ നമുക്ക് ഹൃദയത്തിലാണ് ഭഗവാനെ പിടിച്ചെടുത്തേണ്ടത് പുറത്ത് നമുക്ക് ഏതെങ്കിലും പ്രഭാവം കിട്ടുന്നുണ്ടെങ്കിൽ പോലും ആ പ്രഭാവത്തിനെ പോലും ആശ്രയിക്കാൻ പറ്റില്ലേ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ദൂരത്ത് നിൽക്കുമ്പോ എത്ര കണ്ട് ബലമുണ്ടാവും ചിലപ്പോ ചന്ദനക്കാട്ടിൽ ഇരിക്കുന്നവർക്ക് ചന്ദനമരം വിറകാവും അവർ ചന്ദനം വിറകായിട്ടേ ഉപയോഗിക്കും അതേപോലെ അപ്പൊ ചിലപ്പോ അടുത്തിരിക്കുന്നത് ചിലപ്പോ അത്ര കണ്ട് നല്ലതല്ല നിങ്ങൾ ദൂരത്തിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിപ്രപത്നികളെ ഭഗവാൻ അനുഗ്രഹിച്ചു